പരമകാരുണികനും കരുണാനിധിയായ അള്ളാഹുവിന്റെ നാമത്തിൽ തന്റെ ദാസനെ രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് യാത്ര ചെയ്യിച്ചവൻ എത്ര പരിശുദ്ധൻ അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളെ നാം അനുഗ്രഹിച്ചിരിക്കുന്നു നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടിയാണത് തീർച്ചയായും അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്